അതേത് ബസോ തി മറ്റത് ഒന്നു തന്നെ എല്ലാ ഒരു വസം തന്നെ ബൈൻഡ് ചെയ്തിരിക്കുന്നോണ്ട് ചോദിച്ച ഞാൻ കൊണ്ടുവന്നു നോക്കട്ടെ ഇത് വേറെയാണ് വ്യത്യാസം ഹിന്ദി അർത്ഥം മറ്റു പല വ്യാഖ്യാനങ്ങളാണ് ആനന്ദഗിരി ഭാഷ്യരത്നപ്രഭാഷ്യരത്നപ്രഭ ഇല്ലേ അത് അപ്പൊ അത് രണ്ടുപേരെയാണ് ഇത് ഭാഷ്യത്തിന്റെ ഹിന്ദി ഭാമനിയുടെ ഹിന്ദി അതും അതും ഒന്നായിരിക്കും ആ പ്രശ്നമാണ് ഇതിന്റെ എന്താണ് ഈ ബാമതിയുടെ തന്നെ ഞാൻ മുമ്പ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബാമതിയുടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഭാമതിയായിട്ട് എടുത്തല്ല ബ്രഹ്മസൂത്രത്തിന്റെ ചതുസൂത്ര ബാമതിക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ചാണ് ഭാമതി പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോ ഇത് ഈ ബ്രഹ്മസൂത്രത്തിന്റെ ഗ്ലാസ് കേൾക്കുന്നവര് അത് കേട്ടിരുന്ന ആ ക്ലാസ് ആദ്യം പോലെ കേട്ടുകഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് അതിൻ്റെ ചെറുസൂത്രം ഇതിപ്പോ മൊത്തമൊന്നും എടുക്കുകയല്ല പറ്റുമെങ്കിൽ നാല് സൂത്രം എടുക്കുക അത്ര അതിന്റെ മറ്റു കാര്യങ്ങളും എല്ലാ അതിന് വിശദമായി പറയുന്നു പിന്നെ ആ രീതിയിലല്ല ഇത് ഉടപ്പ ഞാൻ എടുക്കും വ്യത്യാസമുണ്ട് ആദ്യം എടുത്തതില് ബ്രഹ്മസൂത്രം എന്നുവച്ച ശങ്കരഭാഷ മാത്രമേ എടുത്തു പോയിട്ടുള്ളൂ അവിടത്തെ റെക്കോർഡ് ചെയ്ത ക്ലാസ് അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് അതിനെടുത്തതെന്താണ് ഒന്നും അറിയാത്തവരും അദ്വീതത്തെ കുറിച്ച് ഒരു ബോധമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള തിലാസൊരു ഒരുപാടൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടാ മനസിലായ ഇത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇവിടെ ഇപ്പം നമ്മള് ചെയ്യുന്നത് സൂത്രത്തിന്റെ ഭാഷ്യവും ഭാമതയും ഒരുമിച്ച് എടുക്കുകയാണ് അവിടെ അങ്ങനെ എടുത്തിട്ടില്ല ഭാഷ മാത്ര ഇത് കുറച്ചും കൂടി വിപുലമാണ് അതിനപേക്ഷിച്ച് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം കേൾക്കുന്നവര് അത് കേട്ടിരുന്ന ഇത് മനസ്സിലാക്കാൻ എടുക്കും പിന്നെ നിങ്ങൾക്കിപ്പോ വേദാന്ത ഭൂരിഭാഷയൊക്കെ എടുത്തത് കൊണ്ടാണ് വാമതി എടുക്കാമെന്ന് ഞാൻ ഒരു വസ്തുക്കെ ആദ്യ ബ്രഹ്മസൂത്രിപ്പോ മൂന്നാല് വർഷമായിട്ട് കുറെ കേൾക്കുന്നുണ്ട് ആശയങ്ങൾ കൊറേയൊക്കെ അറിയാം പിന്നെ ദാമതിയിൽ കുറെ അദ്വൈതത്തിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കൂടുതലായിട്ട് അറിയാം വേദാന്ത ഭൂരിഭാഷ വന്നല്ലോ ഗാമതി ഇങ്ങനെ പറഞ്ഞു വിവരണകാരൻ ഇങ്ങനെ പറഞ്ഞു ദാമതി ൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും അത് വിധത്തിന്റെ പല ചിന്താ രീതികളും മനസ്സിലാക്കാൻ പറ്റും കൃതികളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ആഴം എത്രമാത്രം ആഴത്തിലാണ് എന്നുള്ളത് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്കും മനസ്സിലാക്കാം അത്രയേ ഉള്ളൂ ആൾക്കാർ പൊതുവെ ധരിച്ചിരിക്കുന്നതൊക്കെ എന്തോ തോന്നി പറഞ്ഞാണ് അങ്ങനെ തോന്നിയതും പറഞ്ഞതൊന്നുമല്ല അതിനകത്ത് വളരെ ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ എവിടെ കിടക്കുന്നു ഇതിൽ നിന്നാണ് അതൊക്കെ കൂടുതൽ നമുക്ക് വെളിപ്പെടുന്നത് അതിനുവേണ്ടി അതിൻ്റെ ഒരു സഹായകമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്തത് അദ്വൈതീപികയിലൊക്കെ തന്നെ പറയുന്ന പല കാര്യങ്ങൾ ഞാനിങ്ങനെ മൂന്നും നാലും ദിവസം കൊണ്ടൊക്കെ വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് എന്തുകൊണ്ട് അദ്വൈതമായതുകൊണ്ട് അദ്വൈതമാകുമ്പോ അത് പലയിടത്തായി ഇങ്ങനെ ചേർന്ന് കിടക്ക പക്ഷെ അവിടെ അദ്വൈത ജീവി നമ്മൾ മലയാള ഭാഷയെ സിമ്പിളായി പറയും ഇവിടെ വരുമ്പോ അങ്ങനെ സംസ്കൃതത്തിലാൾ അതിനെ വിശദീകരിച്ച് പറയും സംസ്കൃതം വിശദീകരിക്കുമ്പം അത് മനസിലാക്കണമെങ്കിൽ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് ഞാനിപ്പോൾ പറഞ്ഞ് ഉടൻ തന്നെ മനസ്സിലാവണമെന്നൊന്നുമില്ല പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന സമയം കിട്ടുമ്പോഴൊക്കെ കേക്കാം അങ്ങനെ അങ്ങനെ ക്രമേണ ക്രമേണ ഇത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് നിന്ന് കേട്ട ഉടനെ ശരി പെരുമോസും മനസ്സിലാക്കി കിടാന്ന് വിചാരിച്ചൊന്നും കേക്കരുത് ഇത് കൊറേ ഇത്തവണ ആവർത്തിക്കേണ്ട കേട്ട് ഏർമ്മസൂത്രം അപ്പൊ അതൊക്കെ സ്വാമിക്കൊക്കെ പോയി തട്ടിവിടാം പുറത്തൊക്കെ പോയിട്ടെ വെറുതെ എപ്പോഴീ എസ് എൻ ഡി പി രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഏ കൊറേഖ പക്ഷെ അത് ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാ നമ്മള് നിരന്തരം കേട്ടോണ്ടിരുന്നാലേ സംഗതി നമുക്ക് തെളിയത്തുള്ളൂ ഹൃദയം പറഞ്ഞിട്ടില്ലേ വിചാരം മനനം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അങ്ങനെ പിന്നെ ഗുരുവിനെ പോലെയുള്ള ജീനിയസുകൾക്ക് നമ്മളെപ്പോലെ അത്രയും മനനം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഒന്ന് കേട്ടാ തന്നെ മനസ്സിലാവും കേക്കാത്തതും മനസ്സിലാവും ചിന്തിച്ച് മനസ്സിലാവും നമുക്ക് കേട്ടാലും മനസ്സിലാകില്ല ചിന്തിച്ചാലും മനസ്സിലാകില്ല അങ്ങനെ വ്യത്യാസമുണ്ട് ഓരോ വ്യക്തികളിൽ വേറെന്തോ വ്യത്യാസമാണ് പക്ഷെ അതൊക്കെ വളരെ ആഴമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്ക് നേരിട്ടങ്ങോട്ട് ബാമതി എന്ന് പറഞ്ഞ് കയറാൻ പറ്റില്ല ആദ്യം നമ്മൾ ഭാഷ്യം നോക്കണം ഭാഷ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ടേ ബാമതിയിലേക്ക് കയറാൻ പറ്റും അതും നിങ്ങൾക്ക് കുറെ അദ്വൈതമൊക്കെ കേട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറ്റും ബ്രഹ്മസൂത്രത്തില് ബാക്കി ഉപോത്കാരമായി വരുന്ന കാര്യങ്ങൾ മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ മറ്റേ ക്ലാസ്സുള്ളതുകൊണ്ട് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നു അതുണ്ടല്ലോ കേട്ടാൽ മതി സമയമുണ്ടെങ്കിൽ ൂത്രത്തിന് ആ മുടക്കൻ വരും എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് എടുത്തത് ഇടയ്ക്ക് മുടക്കം വരും ഇനി അതില് ബാക്കിയൊന്നും മനസിലായില്ലെങ്കിലും അവശൂദ്രീകരണമൊന്നു കേട്ടോ കേട്ടായിരുന്നു ഏ അങ്ങനെ ഏ ആ എവിടുത്തെ ആ വിടെ അപ്പൊ എത്രയോ വർഷം നമ്മുടെ എടുത്താണ് സംസ്കൃതി മാത്രമാണ് ഒരു ജാതി എന്നൊക്കെ പറയുമ്പോ അത് കേട്ടിട്ടിരിക്കശ്യം അത് എനിക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയാണ് എതിർപ്പുണ്ടായി ശക്തമായിട്ട് ശക്തമായി എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ അറിയിക്കുന്ന ഒരു സഹസ്യത നമ്മളത് പ്രതീക്ഷിക്കണം ഇവിടെ വരുമ്പോ പ്രശ്നമില്ല ഇവിടെ എല്ലാവരും അനുകൂലിക്കുന്നവരാണോ അതവിടെ എങ്ങനെയല്ല അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതൊക്കെ രണ്ടായിരത്തിന് മുമ്പെടുത്ത ക്ലാസ്സുകളാ നോക്കാം എന്നാ എനിക്ക് തോന്നുന്നു ഷത്തിനും മേള ഇരുപത് വർഷത്തിനുമ്പോ ക്ലാസ് അത് വരും എല്ലാര്ക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നെ കണ്ടാ മോഹൻ തിരിച്ച് നടന്നു പോകുന്ന ഒരുപാട് വരുന്നു കണ്ട കണ്ടില്ലെന്ന് ഭാവി അടിച്ചാൽ കേസാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അടിക്കാത്ത ൾക്കാരുടെ ഭാവം ഇങ്ങനെയുള്ള മാറുന്നതായിരുന്നു പക്ഷെ കൊറേ പേരിൽ മാറ്റം വരും കൊറേ അധികം ആൾക്കാർക്ക് പിന്നീട് ക്രമേണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അത് അവിടെ മാത്രമല്ല ഗീതയിലും അവിടെ ഇവിടെ ഒക്കെ ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വന്നപ്പോ ആൾക്കാർ കുറെ പേർക്ക് ഒരു ബോധം ഉണ്ടായി കുറെ പേര് മാറത്തില്ല അപ്പോൾ അത് വേറെ ശൈലിയിലാണ് ആ ക്ലാസ്സുകൾ അത് കേട്ടുകഴിഞ്ഞാൽ അതിന് പറയുന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഒഴിവാക്കും ആവശ്യം ഇവിടെ പ്രധാനമായിട്ടും ആ ബാമതി എന്ന് പറയുന്ന അതിൻ്റെ എങ്ങനെയാണ് ബാമതികാരൻ്റെ ചിന്ത എത് വചസ്പതി മിശ്രന്റെ ചിന്ത അതാണ് ഒരു പൂർണ്ണമായ ഐഡിയ കിട്ടണമെങ്കിൽ അതും ഇവിടെ കേൾക്കണം അത് കേട്ടിട്ടുള്ളവർ കേൾക്കുമ്പോൾ അവർ കുറച്ചുകൂടെ പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല കാരണം ആ ആശയങ്ങൾ കുറെ അറിയാവുന്നതുകൊണ്ട് ഒന്നും അറിയാത്തവരെടുത്ത് പറയുന്നതും അറിയാ കുറച്ചൊക്കെ അറിയാമെന്നുള്ളവർ പറയുന്ന വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ നേരിട്ട് ബാമതി എടുക്കാമെന്ന് വെച്ചത് അവിടെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ബ്രഹ്മസൂത്രത്തില് കൂടുതൽ ഞാൻ പറയുന്നില്ലേ കൂടുതലെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ അധികം കേട്ടാണ് ഇവിടെ ഇപ്പോൾ ആദ്യം വരുന്നത് ഭാഷ നമ്മളീ അവതാരിക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതുന്നതിന് മുമ്പ് അവതാരിക പോലെ എഴുതിയ കുറച്ച് ഭാഗങ്ങൾ അതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനം അതിനകത്ത് ശങ്കരാചാര്യരുടെ എല്ലാ ആശയങ്ങളും വരുന്നുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് പിന്നെ അത് മുമ്പോട്ട് തന്നെ സിദ്ധാന്തമൊക്കെ പറയും അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഉപ ബോധാത തന്നെ ഇവിടെ ആദ്യം ചർച്ച ചെയ്യുന്നത് അധ്യാസം എന്ന് വെച്ചാൽ നമ്മൾ സാറിന് പറയുന്ന മിഥ്യ എന്ന് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യും പിന്നെ അതിന്റെ വിശദീകരണങ്ങളെല്ലാം മുമ്പോട്ട് ഭാഷയത്തിൽ വരുമ്പോൾ പല പല വ്യാഖ്യാനങ്ങൾ വരണം എന്നാലും ഇവിടെ പൊതുവായിട്ട് അഭ്യാസം എന്താണ് അതാണ് ചർച്ച ചെയ്ത് അത് നമ്മൾ അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും ഭാഷയത്തിന് അതിൽ തന്നെ ആദ്യം ഒരു ചോദ്യമാണ് ചോദ്യം എന്നുള്ളതല്ല പൂർവപക്ഷം ഒരു ചോദ്യം ചോദിക്കുകയല്ല പൂർവപക്ഷംന്ന് വെച്ചാൽ സിദ്ധാന്തത്തിന് എതിരായ അഭിപ്രായം സിദ്ധാന്തം എന്ന് പറയുമ്പോ അദ്വൈനിയുടെ ആശയം അതാണ് സിദ്ധാന്തം പൂർവപക്ഷം എന്ന് പറയുമ്പോ അതിനെതിരായ ആദ്യം ആശയം ചിലപ്പോ അതൊരു ചോദ്യമായി ഉന്നയിക്കും ചിലപ്പോ ആ ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയും ഇവിടെ അധ്യാസമാണ് വിഷയം അദ്വൈതിക്ക് പറയേണ്ട അധ്യാസത്തെ കുറിച്ചാണ് ഇവിടുത്തെ പൂർവ്വപക്ഷമായി പറയുന്നത് എന്താണ് അധ്യാസം ഇല്ല എന്നാണ് ആദ്യം പറയുന്നത് അധ്യാസം എന്ന് സംഭവമേ ഇല്ല അധ്യാസമില്ലെങ്കിൽ പ്രപഞ്ചമിത്യാത്ഥമില്ല അപ്പോൾ പ്രപഞ്ചമിഥ്യാത്വത്തെ ആദ്യം സമർത്ഥിക്കുന്നു അതുകൊണ്ട് എന്തെയ്യുന്നു ആദ്യം അധ്യാസത്തെ കുറിച്ച് പറയുന്നു ഈ പ്രപഞ്ചമിഥ്യാത്വം എന്ന് നമ്മൾ നമുക്കറിയാം നമ്മൾ അദ്വീതി ദ്വീപി ഇതൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യം ഉണർന്നളവും ഉണർന്നവനാമശേഷ പ്രപഞ്ചിഥ്യാത്വത്തെ പറയുകയാണ് വേറെ ഉള്ള വിശ്വം അറിവാം അരുവിൽ പ്രവാഹം എന്നൊക്കെ പറയുന്നത് തന്നെ പ്രപഞ്ച മിഥ്യാത്ഥം ആ കാര്യം തന്നെ ഇവിടെ അത് സംസ്കൃതത്തിൽ പറയുന്നു വേറെ രീതി പറയുന്നു അപ്പൊ പ്രപഞ്ച മിഥ്യാത്വമാണ് സിദ്ധാന്തം ഇപ്പോൾ പൂർവോക്ഷം അതിനെ ചോദ്യം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിനീകരിക്കാത്തയാൾ പറയുന്നു അങ്ങനെ ഒരു മിഥ്യാത്വം ഇല്ല സംഭവിക്കത്തില്ല എന്നൊരു പൂർവക്ഷം പറയുമ്പോൾ അതിനെ നിഷേധിച്ചിട്ട് അതിനെ കണ്ടിച്ചുകൊണ്ട് അടുത്ത് പ്രപഞ്ചമിത്യാക്കും ഉണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യും ഇങ്ങനെയാണ് ബോദ്ഘാത ഭാഷ ഇതാദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി മുഴുവൻ ഭാഷയും അതിന് ആദ്യം വരുന്ന ബോധഘാത ഭാഷ്യം പ്രപഞ്ചമിത്യാസത്തെ നമ്മുടെ പുസ്തകത്തിൽ ഭാഷ്യം കണ്ടുപിടിക്കണം അതിനകത്ത് ഒരുപാടൊക്കെ എഴുതിയിരിക്കും അവിടെ ആദ്യം വരുന്ന ആ ബോദ്ഘാത ഭാഷ്യത്തിൽ പിന്നെ വായിക്കാൻ അറിഞ്ഞിരിക്കണം അത് മറ്റൊരു വിഷയമാണ് സംസ്കൃതമാണ് ബാലകൃഷ്ണൻ നാസാരൻ്റെ മലയാളം ഉണ്ടായി പ്രയാസമുള്ളവരത് നോക്കണം ഇതിലൂടെ തുടങ്ങുന്നത് യുഷ്മസ്മത് പ്രത്യയഗോചരോഹോ കണ്ട അതത്തന്നെ ഏറ്റവും മേളെഴുതിയിരിക്കുന്നു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് തുടങ്ങുന്നിടത്ത് എഴുതിയിരിക്കുന്നത് യു എന്ന് തുടങ്ങുന്നു യുഷ്മസ്മത് പ്രത്യ ഗോചരയോഹോ ീ പുസ്തകത്തില് വേറെ കണ്ട അപ്പോ ആ വരി നേരെ വായിച്ചു പോണം താഴെയൊക്കെ വേറെ വയ്ക്കാൻ കിടക്കണം അത് പിന്നെ ബാക്കി കിടക്കുന്ന അടുത്ത വരിലായിരിക്കും ആ അങ്ങനെ ഒറ്റ വരിയായിട്ടായിരിക്കുമ്പോൾ ഈ പ്രസവത്തിൽ കണ്ട അത് പലയിടത്തായിട്ട് കിടക്കും ആ കണ്ടുപിടിക്കാൻ പ്രയാസം മറ്റേ അടുത്തടുത്ത് കിടക്കും അതിന്റെ പേര് ആ മേളിൽ തന്നെ പോണം താഴോട്ട് പോകരുത് മേള ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കും ആ മൊബൈലിൽ ഉണ്ടെങ്കി അതാ സൗകര്യം അതെല്ലാം മാത്രേ കാണു ബാമുതി വരുമ്പം യുഷ്മസ്മത് പ്രത്യ ഗോചരോർ ഷയണോ തമ പ്രകാശവദ്രുദ്ധസ്വഭാവയോ ഇതരേതരഭാവ അനുഭവത്തോ സിദ്ധാ മെയുംബോട്ടോണമേളിവരി തന്നെ തദ്ധർമാണി അതിനെത്തുടർന്ന് സുതരാ ഇതരേതരഭാവ അനുപത്തി അസ്മത്പ്രേഗോചരേ വിഷയണീ ചിതാത്മകേ യുഷ്മോചര തധർമാത്രിയേണ വിഷയണ വിഷയ അധ്യാസോ മിഥ്യേതി ും യുക്തം ഇത്രയും ഇത്രയാണ്ം നോക്കേണ്ടത് ഇതൊരു വായം കണ്ട യുഷ്മസ്മത്യഗോചരോ തമപ്രകാശോ വിരുദ്ധസ്വഭാവനുപത്തോർമാരെതരഭാസ്മത്പ്രോചരെ വിഷയണിചിതാത്മകേ യുഷ്മോചര വിഷയസ് തദ്ധർമാണ്യസ തദ്വേണ വിഷയണതർമാ ആദ്യം ഇതിന്റെ അർത്ഥം എന്നുവെച്ചാൽ ഭാമതിയിലേക്ക് പ്രവേശിക്കാതെ ഇതിന്റെ അർത്ഥം മനസ്സിലാകും പഴയ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിയാലും ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നൊക്കെ ബാമതിക്ക് അനുസരിച്ചായിട്ടു പക്ഷെ ബാമതി അവിടെ വായിച്ചിട്ടില്ല ഇവിടെ അങ്ങനെയാണ് ഇപ്പൊ ബാമതി നോക്കാതെ ഇതിന്റെ അർത്ഥം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് ബാക്കി വരുന്ന പൊതുവായ കാര്യങ്ങളെല്ലാം പഴയ ക്ലാസ്സിലേക്ക് കേൾക്കണം അതൊന്നിവിടെ വരയ്ക്കും ഇവിടെ എന്റെ അർത്ഥം പറയും അടുത്ത് ഇത്രയുടെ ഭാമതി വായിക്കും പിന്നെ ഇതുപോലെ ഒരു ഭാഗം ഈ ഭാഷയത്ത് ഇന്ന് വായിക്കും പിന്നെ ഭാമതിയിൽ വിശദീകരണം വായിക്കും അങ്ങനെ അങ്ങനെ പോകും അപ്പോ ഭാഷ്യം പറയുമ്പോൾ ഭാഷ്യത്തിൻ്റെ അർത്ഥമായിരിക്കും പറയുന്നത് ഭാവുനീയമായിട്ട് ഇവിടെ ബന്ധം കാണുന്നുണ്ട് പഴയതുപോലല്ല അത് പ്രത്യേക ശേഷം പഴയ ക്ലാസ്സുകളിൽ ഭാവനിയുമായിട്ട് ബന്ധപ്പെടുത്തിയ അർത്ഥം പറഞ്ഞിട്ടുണ്ട് സൂത്രയും ഇവിടെ അങ്ങനെ ഭാഷയാർത്ഥം വേറെ പറഞ്ഞു എന്നു വെച്ചാൽ അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം കാരണം എന്തുകൊണ്ടും ഇവിടെ ഭാവുതി നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട് എന്നാൽ ഭാവതിയിൽ നിന്ന് ആ അർത്ഥം മനസ്സിലാക്കണം അത് വളരെ വിപുലമാണ് ദിവസങ്ങളുണ്ടോ മാസങ്ങളുണ്ടോ വർഷം കൊണ്ടോ ചെയ്യുന്ന എന്താ അപ്പോ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുക ഞാൻ ഉദ്ദേശിക്കുന്നു മാനുസൂത്രങ്ങളുടെ അർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറഞ്ഞ് തീർക്കാൻ പറയുമെന്ന് എനിക്ക് ആ ഒരു ഉറപ്പില്ല എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഞാൻ അദ്വൈതത്തിലെ കുറെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കും അപ്പോ ഇതെന്താണ് പൂർവ്വപക്ഷം അധ്യാസത്തിന്റെ പൂർവപക്ഷോ പറഞ്ഞു പൂർവക്ഷെന്താണ് ഒരാള് പറയാണ് അധ്യാസം എന്ന് പറയുന്ന കാര്യം നടത്തില്ല അധ്യാസം ഇല്ല മറുപടിയായിട്ട് ഭാഷയാരൻ പറയും അധ്യാസമുണ്ട് അതിനവസാനം പറഞ്ഞു നിർത്തിയെന്താണ് അധ്യാസോ മിഥ്യേതി ഭവിതം യുക്തം വായിച്ചു നിർത്തിയത് മിഥ്യ എന്ന് വെച്ചാൽ ഇവിടെ മിഥ്യക്ക് സാധാരണ പറയുന്ന മിഥ്യ എന്നുള്ള അർത്ഥമുണ്ട് നറയുന്ന പദത്തിന് പകരമാണ് എന്ത് ഉപയോഗിക്കുന്നത് അധ്യാസം ന എന്നാണ് അധ്യാസം എന്താ എന്ന് പറയുമ്പോ അതെന്തായി ഇതിന് സമാനം പറയും അധ്യാസം ഉണ്ട് ഈ മിഥ്യ എന്ന് പറയുന്ന പദം കണ്ടിട്ട് പഞ്ച മിഥ്യ എന്ന് പറയുന്ന പോലെ അമോചനീയമാണ് അല്ലെങ്കിൽ പരമാർത്ഥത്തെ ഇല്ലാത്താണ് അങ്ങനെയൊന്നുമല്ല നാ എന്ന് പറയുന്ന അമ്യം അതിൻ്റെ പര്യായ പദമാണ് ഇവിടുത്തെ മിഥ്യാസം എന്നാ എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യാഖ്യാനം ഇനി മിഥ്യ എന്ന് പറയുന്ന അർത്ഥമൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളവിടെ പോകേണ്ട ആവശ്യം ഇവിടെ നേരിട്ടർത്ഥം മനസ്സിലാക്കുക എന്നുള്ള ഒരുപാട് സംഘർഷത്തിലേക്ക് പോകേണ്ട കാര്യം അപ്പൊ അധ്യാസം ഇല്ല എന്നാണ് എന്നാ അത്യാസമൊന്നും ഒന്നാമതൊന്നും എന്താണ് അധ്യാസം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇന്ന് വിശദീകരിക്കും എന്നാലും പറയാം രജുവിന് സർപ്പത്തെ കാണുന്നതാണ് അധ്യാസം അതറിഞ്ഞിരിക്കണോ അപ്പോൾ രജുവിന് സർപ്പത്തെ കാണുന്നു കാണത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെയല്ല രജുവിന് സർപ്പത്തെ കാണും പക്ഷെ അത് അധ്യാസം പിന്നെന്താണ് മറ്റെന്തെങ്കിലും ആയിരിക്കും രജുവിന് സർപ്പത്തെ കാണും അല്ലെങ്കിൽ രജ്ജു നിച്ച സർപ്പത്തെ കാണും ചില സമയത്ത് നമ്മള് ഭ്രാന്തി എന്ന് പറയും അതിനാണ് അധ്യാസം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയും അതാണ് അധ്യാസം എന്ന് പറയുന്നത് ാണുന്ന സർപ്പഭ്രാന്തി അത് അത്യാസമല്ല എന്നാണ് പ്രതോക്ഷിക്കുന്നത് ഭ്രാന്തി എന്ന് നമ്മൾ പറയുന്ന ആ അനുഭവം അതില്ലെന്നുണ്ടോ പറയുന്ന അനുഭവത്തെ നിഷേധിക്കുക ആർക്കും ഉണ്ടാകാം മുത്തുച്ചുപ്പിയെ കണ്ടിട്ടത് പള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടാകാം നമ്മൾ ഭ്രാന്തി എന്നും പറയും പക്ഷെ പറയുന്നത് അതിന് അനുഭവം ഉണ്ടാകും പക്ഷെ അത് അധ്യാസം അല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് മറ്റെന്തെങ്കിലും അങ്ങനെ അധ്യാസം എന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഒരുപക്ഷെ പറയുന്നത് ചോദിച്ചാൽ അത് പറയുന്ന ആളും അധ്യാസത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ആളാണെന്നാൽ എങ്ങനെ പറയാൻ പറ്റും ഒരു സർപ്പത്തെ കാണുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ പറയുന്ന അധ്യാസം എന്നുവെച്ചാൽ ഞങ്ങൾക്കതിന് വേറെ വിശദീകരണം ഉണ്ടെന്നാണ് അല്ലെങ്കിൽ ശുദ്ധികൾ വള്ളിയിൽ കാണുന്നു അത് അദ്വൈതി പറയുന്ന അധ്യാസമല്ല അതിന് ഞങ്ങൾക്ക് വേറെ വിശദീകരണം ഉണ്ട് അതൊക്കെ ഇനി വിശദീകരിക്കുന്നു കൂടുവക്ഷിയുടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു സ്ഥലത്ത് മറ്റൊന്നിനെ കാണുക അതാണ് അധ്യാസം ഞങ്ങൾ അധ്യാസം എന്ന് പറയുന്നത് അതേ എന്താണ് കയറിൽ എന്താണ് പാമ്പിനെ കാണുക അല്ലെങ്കിൽ കയറിനെ ഇതാണ് അധ്യാസം കയർ വേറെയാണ് പാമ്പ് വേറെയാണ് പക്ഷെ കയറിന് കണ്ടിട്ട് പാമ്പായിട്ട് അറിയുന്നതാണ് അധ്യാസം അതില്ലെന്ന് പറഞ്ഞാൽ ശരിയാകുന്നുണ്ടെന്ന് പറയും ഇനി അതുകൊണ്ടെന്ന് ആയിക്കോട്ടെ അതുണ്ടെങ്കിലും ഇവിടെ ഈ അധ്യാസത്തെ എന്തിനാ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് പറയുന്നത് ഇവിടെ രണ്ട് പദാർത്ഥങ്ങളാണ് ഒന്ന് ചിതാത്മാറിവ് അങ്ങനെ തന്നെ ആത്മാവെന്ന് പറയുന്നത് ബ്രഹ്മവും പറയുന്നു മറ്റതെന്താണ് അറിവിന്റെ വിഷയം ദൃശ്യപ്രപഞ്ചം ഒന്നറിവ് മറ്റൊന്ന് ദൃശ്യപ്രപഞ്ചം അതിൽ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല റിവിനെന്തായിട്ടെടുക്കുന്നുണ്ട് ഞാൻ എന്നുള്ള അറിവ് അങ്ങനെ എടുത്താൽ ഞാനെന്ന് നമ്മൾ എന്തിനെ അറിയുന്നുണ്ടല്ലോ അതിനെ അറിവായിട്ടെടുക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശരീരത്തെ അറിയുന്നുണ്ട് സ്വന്തം ശരീരത്തിൽ അതിനെടുക്കും അപ്പം ഞാൻ എന്നറിയുന്ന അറിവും ആ അറിവിന്റെ വിഷയമായി ഇന്ന ശരീരം രണ്ട് വസ്തുക്കളെടുക്കുക അറിവിനു വിഷയമായിരിക്കുന്നു ശരീരം ഇത് രണ്ടും തമ്മില് ഒരു അത്യാസം സംഭവിക്കുന്നു എന്നാണ് അതാണ് ഇവിടെ സിദ്ധാന്തി പറയുന്നത് അങ്ങനെ ഒരു അത്യാസം സംഭവിക്കുന്നില്ലെന്നാണ് കുറവ് പറയുന്നത് അപ്പൊ ഈ രണ്ടും കൂടെ സംഭവിക്കാമെന്ന് പറയുന്നത് എന്താണ് രണ്ടും കൂടെ ഒരു താതാത്മി സംഭവിക്കുന്നത് അതാണ് നമ്മുടെ ഞാൻ എന്നുള്ള അനുഭവം ഈ താഥാമ്യം സംഭവിച്ചാൽ നമ്മളറിയുന്നു എന്തുകൊണ്ട് ഇപ്പം ഞാനെന്ന് പറഞ്ഞാ ഞാൻ ഞാനെന്ന് പറയുന്നു ആരേ പറയുന്നത് ഈ ശരീരത്തിനൂടെ ചേർത്തല്ലേ പറയുന്നു ഇപ്പം ഞാൻ ഇന്നയാളാണ് ഇന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് ഇത്ര വയസ്സുള്ള ആളാണ് പുരുഷനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തു പറയുന്നു ഞാനെന്ന് പറയുന്നത് കേവലം അറിവിനെന്നു പറയുന്നു ഈ ശരീരത്തിനൂടി ചേർത്താ പറയുന്നു അറിവിനെയും ശരീരത്തെയും കൂടെ ചേർത്ത് ഇങ്ങനെ പറയുന്നതിനാണ് അത്യാസമുള്ളത് അപ്പം അറിവും ശരീരവും ചേർത്താണ് പറയുന്നത് എന്നുള്ളതിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അത് അധ്യാസമല്ല എന്നാണ് കുറോഷി പറയുന്നത് ഇതാണ് അധ്യാസം എന്നാണ് പറയുന്നത് ഏതുപോലെ കയറിനിയും പാമ്പിനെയും അവിടെ നമ്മൾ പാമ്പെന്ന് പറയുമ്പോൾ ബ്രഹ്മവള സ്ഥലത്ത് കയറിനെയും പാമ്പിനുംകൂടെ ചേർത്തിട്ടാണ് പറയുന്നത് ഇതാ പാമ്പങ്ങൾ ഇതാ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കിടപ്പുണ്ട് കയറ് അങ്ങനെ കയറിനെയും പാമ്പിനെ ചേർത്ത് നമ്മൾ അനുഭവിക്കുന്നു ഇതാണ് അത്യാസം അവിടെയൊരു താതാത്മ്യമാണ് താതാത്മ്യം എന്ന് പറയുന്ന കാര്യം എന്താണ് നമുക്കവിടെ വേർതിരിക്കാൻ പറ്റുന്നില്ല കയറ് വേറെയാണ് ൂപം അഹിയോടും ഇതെന്തയാറിനെ എന്ന് ഗുരു പറയുന്ന ഇതാണ് ഇതോന്നു പറയുന്നത് കയറിന് രജ്ജസ്വരൂപം അഹി എന്ന് പറയുന്നത് സർപ്പം രണ്ടും ഇതെന്തയാൾ നോക്കുന്നെന്ന് വെച്ചാൽ ഒന്നായി നിൽക്കുന്നുണ്ട് ഇത് എന്നറിയുന്നു അക്കാര്യങ്ങളും കൂടിയും ചേർച്ച ചെയ്യുന്നു അതെങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇതെന്താണ് ഇതിനാസം എന്ന് പറയും എന്ന് പറയാം ഭ്രാന്തി എന്ന് പറയാം പക്ഷെ ഭ്രാന്തിയെ എല്ലാവരും ഇങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നു പഴയാചാര്യന്മാർ അദ്വൈതികൾ മാത്രമാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ വേറെ വേറെ വ്യാഖ്യാനമാണ് ർപ്പ അനുഭവത്തെ എല്ലാവരും അംഗീകരിക്കും പക്ഷെ അതാണ് പറയുന്ന അദ്വൈതമെന്ന് പറയുന്നത് എന്താണ് അദ്വൈതിയുടെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതാണ് ഈ അനുഭവം അദ്വൈതം അറിയാത്തവനും ഉണ്ട് അറിയുന്നവനും ഉണ്ട് എല്ലാവർക്കും പക്ഷെ അദ്വൈതി എന്താ പറയുന്നത് ഇത് അധ്യാസമാണ് കയറു സർപ്പവും തമ്മിൽ അവിടെ ഒരു താധാന്യം വന്നിരിക്കും രജി സ്വരൂപം അയ്യോടും ഇതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇത് കൊറേ ചിന്തിക്കുമ്പഴേ മനസിലാവും അല്ലെങ്കിൽ മനസിലാകുന്നു അതുപോലെ ഞാനെന്നറിയുമ്പോ എന്ത് ചെയ്യുന്നു ാണ് ഒന്നായിട്ടിരിക്കുകയാണ് ഈ ഒന്നായിട്ടിരിക്കുന്നതിനാണ് ഗുരു പറയുന്നത് ചിന്മയം ചിന്മയമായിരിക്കുന്നു എന്ന് പറയുന്ന ഇതാണ് ഒന്നായിരിക്കുകയാണ് ചിന്മയമായിരിക്കുന്ന എന്താണ് ഈ ശരീരം ചിത്തം എന്ന് വെച്ചാൽ അറിവാണ് നമ്മൾ പറയുന്നതിന്റെ ജീവനുണ്ടെന്ന് ജീവനെന്ന് വെച്ചാൽ ബോധമുണ്ട് ബോധമുണ്ടെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഞാൻ ബോധവാനായിരിക്കുന്നു എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ എന്ന് പറയുന്നു ചത്തുകഴിഞ്ഞാൽ പറയാൻ പറ്റും ചത്തുകഴിഞ്ഞ് ശരീരം അവിടെ കിടക്കുന്നു കഴുകിപ്പോകുന്നു അപ്പം ഞാൻ എന്ന് പറയാൻ പറ്റുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ശരീരവും ആ ബോധം കൂടെ ചേർത്ത് താതാർമ്യപ്പെട്ടിട്ടാണ് പറയുന്നത് ഞാനത് കേട്ടില്ല ആ അതെന്താണ് അവിടെ പറയുന്ന രീതി അത് വേറെ രീതി വ്യാഖ്യാനിക്കുന്നു കാര്യം ഇത് തന്നെയാണ് ജഡവും വേറെടുത്ത് പറഞ്ഞിട്ടുള്ള ജഡവുമായി കലരാം ആശാന് പറഞ്ഞിട്ടുള്ള കലരുക എന്ന് പറയുന്ന ഇതാണ് ആശാനെന്ന് പറഞ്ഞിട്ടുള്ള പറയുന്ന ഇതാണോ ഇതാണോ ഞാൻ എന്ന് പറയുന്നിടത്ത് അഹം എന്ന് പറയുന്ന ഒരു അഭ്യാസം സംഭവിച്ചിരിക്കുകയാണ് ഈ ബോധവും ശരീരവും തമ്മിൽ താതാമ്യപ്പെട്ടിരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനം അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി യുഷ്മത് അസ്മത് പ്രത്യയം അതിനാദ്യം യുഷ്മത് അസ്മത് പ്രത്യം യുഷ്മത് പ്രത്യം എന്ന് പറഞ്ഞാൽ ഇതെന്നുള്ള അറിവ് അസ്മത് പ്രത്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അറിവ് ഞാനെന്നുള്ള അറിവ് നമുക്കുണ്ടല്ലോ ഇതെന്നുള്ള അറിവ് അതിനെ കുറിച്ച് ശരീരത്തെ സംബന്ധിച്ച് അതിനെയാണ് യുഷ്മത് പ്രത്യം അസ്മത് പ്രത്യം അങ്ങോട്ട് അന്വയിക്കുന്നത് മറ്റതിന്റെ വ്യാകരണമൊക്കെ ഭാമതി വരും അതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് യുഷ്മത് പ്രത്യവും അസ്മത്പ്രത്യവും ഞാനെന്നുള്ള യുഷ്മപ്രയം എന്നു വെച്ചാൽ ഇതെന്നുള്ള അറിവ് സാധാരണ എന്ന് പറഞ്ഞാൽ നീന്താണ് വിഷ്മശബ്ദത്തിന്റെ രൂപങ്ങളാണ് തൊം യുവാം യുഎം ഇവിടെ യുഷ്മെന്ന് പറഞ്ഞാൽ ഇതെന്ന് അപ്പൊ ഇതെന്നുള്ള അറിവും യുഷ്മത് പ്രത്യം എന്നുവെച്ചാൽ ഇത് എന്നറിവ് അസ്മത് പ്രത്യകു പറഞ്ഞാൽ ഞാനെന്നുണ്ടാകും അപ്പോചരം എന്ന് പറഞ്ഞ എന്റെ വിഷയം ഇങ്ങനെ യുഷ്മത് പ്രത്യ ഗോചരം തന്നെയാണ് ഇത് എന്നുള്ള അറിവിന്റെ വിഷയം എന്താണ് ശരിയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കും ഇത് എന്നുള്ള അറിവിന്റെ വിഷയമായി അതുപോലെ തന്നെ അസ്മത് പ്രത്യ ഗോചരം എന്നുള്ള അറിവ് അതിന്റെ ഗോചരം ഗോചരമെന്നുവെച്ചു അതിന്റെ വിഷയം എന്താണ് അറിവ് ഞാനെന്നുള്ള അറിവിന്റെ വിഷയമായിരിക്കുന്നത് അതാണ് ആത്മാ പ്രത്യേകാത്മാ അറിവ് ഞാനെന്നറിയുന്നത് എന്തിനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയുന്നത് ഞാനാണ് ഇതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരും പക്ഷെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാലേ പറ്റും കൂടുതലും ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാറും ഇത്രയും ബുദ്ധി ഉൾക്കൊള്ളത്തില്ല മനസ്സിലാവുക അതൊക്കെ ബാമതി വരും വിശദമായിട്ട് ഇവിടെ ഇപ്പൊ ചുരുക്കി മനസ്സിലാക്കുക എന്നുള്ളതേ പറ്റും ഇത് അന്വേഷിക്കേണ്ട എങ്ങനെ വിഷ്മത് പ്രത്യ ഗോചരം എന്ന് വെച്ചാൽ ഇത് എന്നുള്ള അറിവിന്റെ വിഷയം ആയിട്ട് എന്തിനണം ശരീരം അസ്മത് പ്രത്യ ഗോചരം അസ്മത് പ്രത്യ ഞാൻ എന്നുള്ള അറിവ് അതിന്റെ ഗോചരം വിഷയമായിട്ട് എന്തിനാ എഴുതണം ആത്മാവണം ഇതിന് രണ്ട് പേര് പറയുക ആത്മാവെന്നും ശരീരമെന്നും പറയുന്നതിന് പകരം യുസ്മത് പ്രത്യ ഗോചരം അതിന് പറയുകയാണ് വിഷയം യുസ്മത് പ്രത്യയഗോചരത്തിന്റെ അർത്ഥമാണ് എന്താ പറഞ്ഞത് വിഷയം എൻ്റെ ശരീരം ഞാനിത് പറഞ്ഞല്ലോ അസ്മത് പ്രത്യയഗോചരം അതിനോട് അർത്ഥം പറയാണ് വിഷയി വിഷയിച്ചോടെ വിഷയത്തെ അറിയുന്ന ആത്മാവാണ് അറിയുന്നത് മനസ്സിലായോ ഗോചരം ആയി വിഷയി ഇത് വിട്ടുപോകുന്നു യുഷ്മ പ്രത്യയ ഗോചരം ആയി വിഷയം ഇത് എന്നുള്ള അറിവിന് വിഷയമായിരിക്കുന്നതാണ് വിഷയം അറിവിന് വിഷയമായിരിക്കുന്നതാണ് വിഷയി അതാണ് ആത്മാവ് ആത്മാവിനെയാണ് എന്തു പറയുന്നത് വിഷയി ഇവിടേത് കൊറേ വേദാന്തമൊക്കെ ഇങ്ങനെ വേട്ടത്തിലുള്ളവർക്ക് പല പല പല ചോദ്യങ്ങളും ചോദിക്കാം പക്ഷെ ആ ചോദ്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കരുത് കടന്നായി പിടികിട്ടാവും മനസിലായോ ഒന്ന് വെച്ചാൽ ആത്മാവ് ഇങ്ങനെ വിഷയി ആകും എന്നുള്ള ചോദ്യങ്ങൾ വരും അതൊന്നും ഇവിടെ പ്രശ്നം ഇവിടെ പറയുന്നത് മനസ്സിലാവും കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോയി സംഗതി കുഴക്കരുത് അപ്പൊ ഇത്രയും വിടാൻ പാടില്ല എന്താണോ യുഷ്മ പ്രത്യയ ഗോചരമായി ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കും ശരീരത്തില് ഇത് എന്നുള്ള അറിവിന് വിഷയമായിരുന്നു അസ്മത് പ്രത്യ ഗോചരം എന്താ എന്തായി വിഷയം അതാണെന്ന് ആത്മാവ് ഞാനെന്നുള്ള അറിവുന്ന വിഷയവുമായി നമ്മൾ ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നു തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോ ഇത് രണ്ടും തമപ്രകാശവത് തമസിട്ട് പ്രകാശം ഇരട്ടും പ്രകാശവും പോലെ വിരുദ്ധ സ്വഭാവയോ വിരുദ്ധ സ്വഭാവം ഉള്ളതാണ് ും ആത്മാവും ശരീരവും അതായത് വിഷയ്യായ ആത്മാവും വിഷയമായ ശരീരവും ഇരുളും വെളിച്ചവും പോലെയാണെന്ന് വെച്ചാൽ ഇരുളേതായി ശരീരം വെളിച്ചം ആത്മാവ് എന്തുകൊണ്ടായത് ഇരുളും വെളിച്ചം എന്ന് പറയുന്നത് രണ്ടുപേരെ സ്ഥലത്തിരിക്കത്തില്ല ആത്മാവ് അറിവാണ് അത് വെളിച്ചമാണ് ശരീരം ജഡമാണ് അത് ഇരുളു പോലെയാണ് അപ്പോ ചോദിക്കുന്നത് ഇരുളും വെളിച്ചം കൂടെ കൂടിക്കലരു താതാമീപ്പുള്ള അവിടെ ഇരുളും വെളിച്ചം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല വെളിച്ചമാണ് നട്ടിച്ചക്ക് ഇരുട്ടെന്നൊക്കെ പറയും ആ നല്ല പ്രകാശവും ഇരുട്ടും കൂടെ കുടിച്ചേരത്തില്ല സന്ധ്യയ്ക്കൊക്കെ ഇങ്ങനെ കലർന്ന പോലെയായിരിക്കും മങ്ങിയ വെളിച്ചം എന്ന് പറയാറില്ല അതെല്ലാം കൂടെ നല്ല വെളിച്ചം പോലെയാണ് ആത്മാവ് നല്ല ഇരുട്ടാണെന്ത് ശരീരം എന്താ വിരുദ്ധ സ്വഭാവം എന്ന് പറയുന്ന ഒന്നറിവാണ് മറ്റൊന്ന് അതാണ് വിരുദ്ധ സ്വഭാവം ും വിറ്റ സ്വഭാവമാണ് അത് ഇന്നും ശാസ്ത്രജ്ഞന്മാരെ കുഴക്കുന്ന ഒരു വിഷയമാണ് അറിവ് വേറെ ബ്രെയിൻ വേറെ എൻ്റെ സ്വഭാവം വേറെ ഇതങ്ങനെ ചേർന്നിരിക്കുന്നു ഉത്തരം ആധുനിക സയൻസും കണ്ടെത്തിയിട്ടില്ല ഭാഷ്യകാലം പറയുന്ന ഈ കാര്യം എന്താണ് തമപ്രകാശവും ബിരുദ്ധ സ്വഭാവം രണ്ട് ബിരുദ്ധ സ്വഭാവമുള്ള സാധനങ്ങളാണ് ഇതെങ്ങനെ ചേരും എന്നുള്ളതാണ് ആ പ്രശ്നം ഇന്നും നിൽക്കുകയാണ് ഇന്നു വരെ പരിഹാരം അതായത് ആധുനിക ശാസ്ത്രത്തിൽ ചിലർ പറയുന്നത് ബ്രെയിനിൽ നിന്ന് ബോധമുണ്ടായെന്നാണ് ചോദിക്കുന്നത് തമപ്രകാശ വിരുദ്ധ സ്വഭാവമാണ് ഇരുട്ടിന്റെ സ്ഥാനത്ത് ബ്രെയിൻ എടുത്താൽ ജഡമായതുകൊണ്ട് പ്രകാശത്തിന്റെ സ്ഥാനത്ത് എന്ന് എടുക്കാം ബോധത്തെടുക്കാം ഇത് പരസ്പര വിരുദ്ധമായത് ഒന്നിൽ നിന്ന് വേറെ എങ്ങനെ ഉണ്ടാകും പരസ്പരവിരുദ്ധമായ സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നിൽ നിന്ന് വേറെ എങ്ങനെയുണ്ടാകും ഉണ്ടാവും പറഞ്ഞാൽ എങ്ങനെയെന്നുള്ളതിന ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വിരുദ്ധ സ്വഭാവമാണ് ഇത് പണ്ടേ അറിയാമായിരുന്നു ഇതിന് വിരുദ്ധ സ്വഭാവമാണ് പക്ഷെ അന്ന് ബ്രെയിനിനെ അറിയില്ലായിരുന്നു അവർക്കാർക്കും അറിയില്ല പക്ഷെ ബിരുദ്ധ സ്വഭാവമാണ് ജഡവും ബോധവും രണ്ടെണ്ണവും തമ്മിൽ കൂടിച്ചേരുന്ന എങ്ങനെ താതാത്മ്യപ്പെടുന്ന എങ്ങനെയെന്നാണ് ചോദ്യം തമപ്രകാശോ ബിരുദ്ധ സ്വഭാവമോ ഇതരേതര ഭാവ അനുഭവ സിദ്ധായ ഇതരേതര ഭാവം ഒന്ന് മറ്റൊന്നാകുക അത് തിരിച്ചാവുക താതാത്മ്യം ഇതരേതര ഭാവം എന്ന് ം കൂടിച്ചേർത് ഇതരേദരഭാവ അനുഭവ സിദ്ധരേദാവം നടക്കില്ല അനുപന്നമാണ് സംഭവിക്കത്തില്ല ഇതാണ് പൊറോട്ടം ചിറ്റും ജടവും തമ്മിൽ കൂടിച്ചേരാൻ പറ്റത്തില്ല താതാമ്യം സംഭവിക്കത്തില്ല ഇതാണ് പക്ഷെ നമ്മുടെ അനുഭവം എന്താണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരത്തൂടെ ചേർത്താ പറയുന്നു പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഒരു ബോധവുമാണ് ഇവിടെ നമ്മുടെ അനുഭവത്തെ എന്താണ് ബോധവും ജഡവും തമ്മിൽ താതാത്മ്യത്തിൽ ഇരിക്കുകയാണ് ഇതെങ്ങനെ ശരിയാകും കാരണം ഇത് ശരിയാകാൻ പറ്റത്തില്ല ഇങ്ങനെ അനുഭവം ഇല്ലെന്നല്ല പറയുന്നത് ഇത് ചിത്തും ജഡവും തമ്മിൽ താതാത്മ്യത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകത്തി എന്നാണ് പൂർവ്വപക്ഷമാണ് കാരണം വിരുദ്ധ സ്വഭാവമുള്ള രണ്ടെണ്ണം ചേരത്തില്ല നല്ല വെളിച്ചവും ഉണ്ടെങ്കിൽ അവിടെ ഇരുട്ട് ഇല്ല നല്ല വെളിച്ചത്തോട് നമുക്ക് ഇട്ടി ചേർക്കുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതെങ്ങനെ ചേർന്നു ബോധവും ജഡവുമായി എങ്ങനെ കലർന്നു ഇതരേതര ഭാഗം വെച്ചാൽ കലരും അതങ്ങനെ കലറും കലരാതെങ്കിലും ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടായി അപ്പൊ അദ്വീതി പറയുന്നത് എന്താണ് കലർന്നിട്ട് തന്നെയാണ് ഞാനെന്നുള്ള അനുഭവം ഉണ്ടായത് പൂർവക്ഷം പറയുന്ന എന്താണ് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ട് പക്ഷെ അത് കലർന്നിട്ടല്ല കലരാൻ പറ്റത്തില്ല അതിന്റെ രണ്ട് സ്വഭാവമാണ് ഇതാണ് പൂർവക്ഷം ഈ പൂർവക്ഷം മനസ്സിലാക്കും ഇതൊക്കെ ബാമതിയുടെ പേജുകളോളം വേഗാനി മനസ്സിലായത് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാനത് വളരെ ചുരുക്കി പറഞ്ഞാണ് നിങ്ങൾ ആദ്യം തന്നെ ഓടിക്കൂടാതിരിക്കാൻ വേണ്ടി ഓടും തൽക്കാലം ഓടാതിരിക്കാൻ വേണ്ടി ഏ ഇത് പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറയാതിരിക്കാനുള്ള തുടക്കത്തിൽ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു ഇതിനകത്ത് നിരവധി നിരവധി ചോദ്യങ്ങളും തുടങ്ങി